അധ്യായ മൂന്ന് അനന്തരം ശലോമോൻ മിശ്രയും രാജാവായ ഫറവോനോട് സംബന്ധം കൂടി ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു തന്റെ അരമനെയും യഹോബയുടെ ആലയവും യരുഷലേമിനെ ചുറ്റും മതിലും പണിത് തീരുവോളം അവളെ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു എന്നാൽ ആ കാലം വരെ യഹോവിയുടെ നാമത്തിന് ഒരു ആലയം പണിയാതെ ഇരുന്നതുകൊണ്ട് ജനം പൂജാഗിരികളിൽ വച്ച് യാഗം കഴിച്ചുപോന്നു ശലോമോൻ യഹോവയെ സ്നേഹിച്ചു തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു എങ്കിലും അവൻ പൂജാഗിരികളിൽ വച്ച് യാഗം കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു രാജാവ് ഗിബയോനിൽ യാഗം കേൾപ്പാൻ പോയി അത് പ്രധാന പൂജാഗിരിയായിരുന്നു അവിടത്തെ യാഗപീഠത്തിന്മേൽ ശലോമോൻ ആയിരം ഹോമയാഗം അർപ്പിച്ചു ഗിബയോനിൽ വച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അരുളിച്ചേറ്റു അതിന് ശലോമോൻ പറഞ്ഞതെന്തെന്നാൽ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവന് ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു എന്റെ ദൈവമായ യഹോവേ നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീതിന് പകരം രാജാവാക്കിയിരിക്കുന്നു ഞാനോ ഒരു ബാലനത്ര കാര്യ നടത്തുവാൻ എനിക്കറിവില്ല നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യയെ അടിയനിരിക്കുന്നു ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരയണമേ അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷപ്രകാരം ചെയ്തിരിക്കുന്നു ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകെയില്ല നിന്റെ അപ്പനായ ദാവീത് നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസും തരും ഷലോമോൻ ഉറക്കം ഉണർന്നപ്പോൾ അത് സ്വപ്നമെന്ന് കണ്ടു പിന്നെ അവൻ യരുശലമിലേക്ക് മടങ്ങിവന്ന് യഹോവിയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പാകെ നിന്ന് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാനയാഗങ്ങളും അർപ്പിച്ച് തന്റെ സകല ഭൃത്യന്മാർക്കും വിരുന്ന് കഴിച്ചു അനന്തരം വേഷ്യമാരായ രണ്ടു സ്ത്രീകൾ രാജാവിന്റെ അടുക്കൽ വന്ന് അവന്റെ മുമ്പാകെ നിന്നു അവരിൽ ഒരുത്തി പറഞ്ഞത് തമ്പുരാനെ അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ഞാൻ പ്രസവിച്ചതിന്റെ മൂന്നാം ദിവസം ഇവളും പ്രസവിച്ചു ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒഴിക്കെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോടു കൂടെ ഉണ്ടായിരുന്നില്ല എന്നാൽ രാത്രി ഇവൾ തന്റെ മകന്റെ മേൽ കിടന്നു പോയതുകൊണ്ട് അവൻ മരിച്ചുപോയി അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയന്റെ അരികെ നിന്ന് അടിയന്റെ മകനെ എടുത്ത് അവളുടെ പള്ളയ്ക്കലും അവളുടെ മരിച്ച മകനെ അടിയന്റെ പള്ളയ്ക്കലും കിടത്തി രാവിലെ കുഞ്ഞിന് മുല അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയാറെ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല അതിന് മറ്റേ സ്ത്രീ അങ്ങനെയല്ല ജീവനുള്ളത് എന്റെ കുഞ്ഞ് മരിച്ചത് നിന്റെ കുഞ്ഞ് എന്നു പറഞ്ഞു ഇവളോ മരിച്ചത് നിന്റെ കുഞ്ഞ് ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്നു പറഞ്ഞു ഇങ്ങനെ അവർ രാജാവിന്റെ മുമ്പാകെ തമ്മിൽ വാദിച്ചു അപ്പോൾ രാജാവ് കൽപ്പിച്ചത് ജീവനുള്ളത് എന്റെ കുഞ്ഞ് മരിച്ചത് നിന്റെ കുഞ്ഞ് എന്നിവൾ പറയുന്നു അങ്ങനെയല്ല മരിച്ചത് നിന്റെ കുഞ്ഞ് ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് മറ്റവൾ പറയുന്നു ഒരു വാൾ കൊണ്ടുവരുവേൻ എന്ന് രാജാവ് കൽപ്പിച്ചു അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്ന് പാതി ഒരുത്തിക്കും പാതി മറ്റവൾക്കും കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ കുറിച്ച് കത്തുക കൊണ്ട് രാജാവിനോട് അയ്യോ എന്റെ തമ്പുരാനെ ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ അതിനെ അവൾക്ക് കൊടുത്തു കൊഴുവീൻ പറഞ്ഞു മറ്റവളോ എനിക്കും വേണ്ട നിനക്കും വേണ്ട അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത് അവൾക്ക് ഒടുപ്പി അവൾ തന്നെ അതിന്റെ തള്ള എന്ന് കൽപ്പിച്ചു രാജാവ് കൽപ്പിച്ച വിധി ഇസ്രയേലൊക്കെയും കേട്ടു ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു